ഗീതയ്ക്ക് ശേഷം ഏതാണ്ട് രണ്ടായിരം വർഷക്കാലത്തേക്ക് മറ്റു തത്വചിന്താസമ്പ്രദായമൊന്നും ഇവിടെ വേരോടിയില്ല അതിനാൽ ഗീത അജയമായി നിലകൊണ്ടു മോക്ഷത്തിന്റെയും സമൃദ്ധിയുടെയും സ്രോതസ്സായി വിശ്വമനീഷയിൽ ജ്വലിച്ചു നിന്നിരുന്ന ഒരേ ഒരു ജ്ഞാനദ്വീപമായിരുന്നു ഗീത ശാസ്ത്രം വായിച്ചു പഠിക്കുന്നതിനേക്കാൾ നന്ന് അത് കേട്ടു മനസ്സിലാക്കുന്നതാണ് ഉച്ചാരണ ശുദ്ധിയിൽ ശ്രദ്ധിക്കാനും അത് സഹായകമാവും അതിനാൽ സരളഭാഷയിൽ തയ്യാറാക്കിയ ഈ ഓഡിയോ സി എല്ലാവർക്കും ഗുണകരമാകും ഇതു കേട്ടാൽ കൊച്ചു കുട്ടികൾക്ക് പോലും പരമാത്മചൈതന്യത്തിന്റെ ഒളിമിന്നൽ അനുഭവപ്പെടും വായുമണ്ഡലം ഗീതാനന്ദമുഖരിതമാകുമ്പോൾ നിങ്ങളുടെ ഗൃഹാങ്കണത്തിന് ഒരു തപോവാടികയുടെ വിശുദ്ധി കൈവരും ഓ പരമാത്മനെ നമഹ യഥാർത്ഥ ഗീത ശ്രീമദ്ഭഗവത്ഗീത അധ അഷ്ടമോധ്യായ ഇനി എട്ടാമധ്യായം ഏഴാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ശ്രീകൃഷ്ണൻ പറഞ്ഞു നിയതകർമ്മങ്ങൾ ചെയ്യുന്ന യോഗി എല്ലാ പാപങ്ങളിൽ നിന്നും വിമുക്തനായി സർവവ്യാപിയായ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നുവെന്ന് ്രഹ്മജ്ഞാനം ഉണ്ടാക്കുന്നത് കർമ്മമാണ് നിഷ്ഠയോടെ കർമ്മം ചെയ്യുന്നവർ ബ്രഹ്മം കർമ്മം എന്നിവയോടുകൂടിയ എന്നെ അറിയുന്നു കർമ്മം ചെയ്യുന്നവർ ബ്രഹ്മം കർമ്മം യജ്ഞാദികളുമായി പരിചയപ്പെടുത്തുന്നു സാധകന്മാർ അന്ത്യകാലത്ത് പൂർണ്ണ ബ്രഹ്മജ്ഞാനികളായിത്തീരുന്നു ആ ദിവ്യജ്ഞാനം ഒരിക്കലും വിസ്മൃതമാവുകയില്ല മേൽപ്പറഞ്ഞ കാര്യങ്ങളെ അർജുനൻ സംശയ പരിഹാരത്തിനായി ചോദ്യരൂപത്തിൽ അവതരിപ്പിക്കുന്നു അർജുന ഉവാചിം തദ്ധ്യാത്മം കിം കർമ്മ പുരുഷോ അധിഭൂതഞ്ചിം പ്രോക്തം അധിദൈവം അല്ലയോ പുരുഷോത്തമ ബ്രഹ്മം എന്നാലെന്ത് അധ്യാത്മം എന്നാലെന്ത് എന്താണ് കർമ്മം എന്താണ് അധിഭൂതം എന്താണ് അധിദൈവം അധിയജം കോത്ര ദേസ്മധുസൂദന പ്രയാണകളേ കഥം ജേയോസിമേ മധുസൂദന ഇവിടെ അധിയജ്ഞൻ ആരാണ് യജ്ഞത്തിന്റെ അധിഷ്ഠാതാവായ അധിയജ്ഞൻ ഈ ശരീരത്തിൽ എങ്ങനെയാണ് വർത്തിക്കുന്നത് സംയമികളാൽ അന്ത്യകാലത്ത് അങ്ങ് എങ്ങനെ അറിയപ്പെടുന്നു ഈ ഏഴ് പ്രശ്നങ്ങൾക്ക് ശ്രീകൃഷ്ണൻ ഇങ്ങനെ സമാധാനം പറയുന്നു ശ്രീ ഭഗവാനുവാച്ച സ്വഭാവോധ്യാത്മു ഭൂതഭാവോദ്ഭവകരോ വിസർഗർമ്മസിത ചരം അഥവാ കയം അഥവാ നാശം സംഭവിക്കാത്തതാണ് ബ്രഹ്മം സ്ഥിരമായി നിലനിൽക്കുന്ന സ്വന്തം ആത്മഭാവത്തെ അധ്യാത്മകമെന്ന് പറയുന്നു അധ്യാത്മം എന്നാൽ ആത്മാവിന്റെ ആധിപത്യം എന്നർത്ഥം ഇതിനു എല്ലാം മായയുടെ ആധിപത്യത്തിലായിരുന്നു ജീവജാലങ്ങളുടെ നല്ലതും ചീത്തയുമായ സംസ്കാരങ്ങൾ സങ്കൽപ്പത്തെ തകർക്കുക എന്നതാണ് കർമ്മത്തിന്റെ പരമകാഷ്ടം ഇതാണ് സമ്പൂർണ്ണ കർമ്മം അത് മുഴുവൻ സാധകനും അറിയുന്നു കർമ്മം പൂർണ്ണമായും നിറവേറ്റിക്കഴിഞ്ഞതിനാൽ പിന്നെ ചെയ്യേണ്ടതായി ഒന്നും അവശേഷിക്കുന്നില്ല ഈ അവസ്ഥയിൽ നല്ലതും ചീത്തയുമായ സങ്കല്പങ്ങളെല്ലാം അസ്തമിക്കുന്നു യജ്ഞത്തിലുള്ള ആചരണങ്ങളും വിചിന്തനവുമാണ് കർമ്മം പുരുഷാധിദൈവതം അധിയോഹമേവാത്രേഭൃതാം അക്ഷയഭാവം കിട്ടുന്നത് വരെ നിലനിൽക്കുന്നതും ക്രമേണ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതുമായ ക്ഷാരഭാവമാണ് അധിഭൂതം ഭൂതങ്ങളുടെ അതായത് ജഡവവസ്തുക്കളുടെ അധിഷ്ഠാനം എന്നർത്ഥം പ്രകൃതിക്കപ്പുറത്തുള്ള പുരുഷനാണ് ദൈവീക സമ്പത്തിൻ്റെ അധിഷ്ഠാനമായ അതിദൈവം ഈ ദൈവീക സമ്പത്തും ഒടുവിൽ പരമാത്മാവിൽ വിലയിക്കുന്നു അല്ലയോ മാനവോത്തമ ഈ മനുഷ്യ ശരീരത്തിൽ യജ്ഞത്തിൻ്റെ അധിയജ്ഞനായ ഞാൻ നിലകൊള്ളുന്നു അധിയജ്ഞൻ സമ്പൂർണ്ണ യജ്ഞങ്ങളുടെയും ഭോക്താവായ യോഗേശ്വരൻ അഥവാ ശരീരത്തിൽ അവ്യക്തരൂപിയായി സ്ഥിതി ചെയ്യുന്ന പരമാത്മാവ് ഇവിടെ ശ്രീകൃഷ്ണൻ ഒടുവിൽ യജ്ഞങ്ങളെല്ലാം ശ്രീകൃഷ്ണനിലാണ് ചെന്നെത്തുക ഇങ്ങനെ അർജുനന്റെ ആറു ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിരിക്കുന്നു ധകന് അന്ത്യകാലത്ത് പരമാത്മാവ് ജ്ഞാനഗമ്യനാവുന്നതെങ്ങനെ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് അന്തകാലേ ചമാമേവ സ്മരൻ മുക്വാലേവരം യഹ് പ്രയാതി സമദ്ഭാവം ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറയുന്നു മനോനിരോധവും വിലയവും സംഭവിക്കുന്ന അന്ത്യകാലത്ത് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരബന്ധം വിടുന്നയാൾ നിശ്ചയമായും എന്നോട് ചേരും ശരീരനാശം ശരിക്കും അന്ധകാലമല്ല മരണശേഷവും സൂക്ഷ്മശരീരം നിലനിൽക്കുന്നുണ്ട് സഞ്ചിത സംസ്കാരം നശിക്കുമ്പോഴേ മനസ്സ് നശിക്കൂ ആ മനസ്സും നശിക്കുമ്പോഴേ അന്ധകാലമാവൂ അതിനുശേഷം ശരീരധാരണം ഉണ്ടാകുന്നില്ല വസ്ത്രം പോലെ ശരീരവും മാറിക്കൊണ്ടിരിക്കുന്നതിനെ അന്ധകാലം എന്ന് വിളിക്കാമോ മനോനിരോധവും മനോവിലയവും ഉണ്ടാകുമ്പോഴേ ശരീരം സ്വീകരിക്കുന്ന ഏർപ്പാട് അവസാനിക്കൂ ഭക്തൻ അനേക ജന്മങ്ങളിലൂടെ നടത്തുന്ന സാധനകൾ പൂർണ്ണതയിലെത്തുമ്പോൾ ഈശ്വരനെ പ്രാപിക്കുന്നുവെന്ന് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ടല്ലോ ശരീരത്തിന് ശരിക്കും അന്ത്യമായാൽ പിന്നെ ജന്മമെടുക്കേണ്ടതായി വരില്ല ശരീരത്തിന്റെ താൽക്കാലികമായ അന്ത്യം മരണം വരിച്ചാലോ വീണ്ടും പുതിയ ശരീരത്തോടെ ജന്മമെടുക്കേണ്ടതായി വരുന്നു എം യം വാസ്മരൻ ഭാവം തയജ സദാ തദ്ഭാവിത കുന്തിപുത്ര മനുഷ്യൻ മരണവേളയിൽ ഏത് ഭാവത്തെ ചിന്തിച്ചുകൊണ്ടാണോ ജീവിതം അവസാനിപ്പിക്കുന്നത് ആ ഭാവത്തെ പ്രാപിക്കുന്നു അപ്പോൾ ഇത് ഒരു ചെലവ് കുറഞ്ഞ ജോലിയാണല്ലോ ജീവിതം മുഴുവൻ രസിച്ചു കൂത്താടി കഴിഞ്ഞിട്ട് മരണസമയത്ത് ഭഗവാനെ ഒന്ന് സ്മരിക്കുക അതോടെ മോക്ഷം ഉറപ്പായി ഇതാണോ കഥ അല്ല അങ്ങനെ സംഭവിക്കേയില്ല ശ്രീകൃഷ്ണൻ പറയുന്നത് സദാ തദ്ഭാവ് ഭാവിത എന്നാണ് ജീവിതത്തിൽ എക്കാലവും ഏതിനെപ്പറ്റി നിരന്തര ചിന്തനം നടത്തുന്നുവോ അത് ലഭിക്കുമെന്നാണ് വിവക്ഷു സംശയം അതുകൊണ്ട് അർജുന നീ എപ്പോഴും എന്നെ സ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുക എന്നിൽ മനസ്സും ബുദ്ധിയും അർപ്പിച്ചാൽ നീ നിശ്ചയമായും എന്നോട് ചേരും നിരന്തര ചിന്തയും യുദ്ധവും ഏകകാലത്ത് എങ്ങനെ നടക്കും അതിന് പ്രയാസമില്ല ജയ ശ്രീകൃഷ്ണ എന്ന് ജപിച്ചുകൊണ്ട് ബാണം തൊടുത്തുവിടാമല്ലോ സ്മരണത്തിന്റെ സ്വരൂപം അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നു േതസാഗാമിനു ചിന്ത ഹേ പാർത്ഥ യോഗചര്യയിൽ മുഴുകി നിരന്തരം എന്നെ മാത്രം അനന്യഭക്തിയോട് ചിന്തിക്കുന്നതാണ് സ്മരണം അത്തരം സ്മരണത്തിലൂടെ ഭക്തൻ പരമപ്രകാശ സ്വരൂപനായ പരമാത്മാവിനെ പ്രാപിക്കുന്നു ഈ പെൻസിൽ ഭഗവാനാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇതൊഴിച്ച് മറ്റൊരു ചിന്തയും പാടില്ല ഇതിനിടയ്ക്ക് പുസ്തകമോ മറ്റെന്തെങ്കിലുമോ വന്നാൽ ഏകാഗ്രത നഷ്ടപ്പെടുകയും ചിന്ത ചിതറിപ്പോകുകയും ചെയ്യും പരമാത്മ ചിന്തയൊഴിച്ച് മറ്റൊന്നും ഉള്ളിലേക്ക് കടന്നു വരരുത് അത്രയും സൂക്ഷ്മമായിരിക്കണം വിചാരതരംഗങ്ങൾ അടങ്ങണം സ്മരണയും യുദ്ധവും ഒന്നിച്ചു നടക്കുന്നതെങ്ങനെയാണെന്നോ പരമാത്മാവിനെ സ്മരിക്കുമ്പോൾ ഉള്ളിൽ കാമം ക്രോധം തുടങ്ങിയ ശത്രുക്കൾ കടന്നുവരും മനസ്സിനെ ഇളക്കാൻ ശ്രമിക്കുന്ന ആ ശത്രുക്കളെ ഓടിക്കാൻ ബാഹ്യപ്രവർത്തനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നതാണ് യുദ്ധം പുറമേ നടത്തുന്ന ആയുധ പ്രയോഗത്തെപ്പറ്റിയുള്ള പരാമർശം ഗീതയിൽ എങ്ങും കാണുന്നില്ല ആരെയാണ് ചിന്തിക്കേണ്ടത് കവി പുരാണമനുഷാസിതാരം ചിന്യൂപം ആദിത്യവർണം തമസ പരസ്ത ആ യുദ്ധത്തോടൊപ്പം ആ പുരുഷൻ സർവജ്ഞനും അനാദിയും ലോകനിയന്താവും എല്ലാവരെയും രക്ഷിക്കുന്നവനും അതിസൂക്ഷ്മസ്വരൂപനും അചിന്തിയനും അതായത് ഉള്ളിൽ വിചാരതരംഗങ്ങൾ ഇളകുമ്പോൾ കാണാൻ കഴിയാതെ വരുന്നവനും മനസ്സ് നിരുദ്ധമായി വിലയിക്കുമ്പോൾ അറിവിന് വിധേയനാവുന്നവനും നിത്യപ്രകാശ സ്വരൂപനും അജ്ഞാനാന്ധകാരം നശിപ്പിക്കുന്നവനുമായ പരമാത്മാവിനെ സ്മരിക്കണം നേരത്തെ പറഞ്ഞു എന്നെ സ്മരിക്കണമെന്ന് ഇപ്പോൾ പറയുന്നു പരമാത്മാവിനെ സ്മരിക്കണമെന്ന് ആ പരമാത്മാവ് ചിന്തനത്തിന്റെ മാധ്യമം തത്വസ്ഥിതനായ മഹാപുരുഷൻ ഇവിടെ ശ്രീകൃഷ്ണനാണെന്ന് താല്പര്യം പ്രയാണകാലേ മനസാചലേന ഭക്തയുക്തോ യോഗ സതം പരം പുരുഷമു ദിവ്യം നിരന്തരം പരമാത്മാവിനെ സ്മരിക്കുന്ന ഭക്തിയുക്തനായ പുരുഷൻ പ്രയാണകാലത്തിൽ അതായത് മനസ്സിന്റെ വിലീനാവസ്ഥയിൽ യോഗബലം കൊണ്ട് ബുദ്ധിയെ സ്ഥിരമാക്കി പുരികക്കൊടികളുടെ നടുവിൽ പ്രാണനെ നന്നായി ഉറപ്പിച്ച് പരമാത്മാവിന്റെ ദിവ്യപഥത്തിൽ പ്രവേശിക്കുന്നു അങ്ങനെ പ്രവേശിക്കുന്നത് പ്രാണനെയും അപാനനെയും സമീകരിച്ചും ഉള്ളിൽ ഉദ്വേഗമില്ലാതെയും സപ്തരജസ്തമോ ഗുണങ്ങളെ ശാന്തമാക്കിയും വേണം അങ്ങനെ പ്രവേശിക്കുന്നയാൾ ഒരിക്കലും വിസ്മൃതനാവുന്നില്ല പ്രണയകാലത്തിൽ പരമാത്മാവ് എങ്ങനെ അറിയപ്പെടുന്നു എന്ന ഏഴാം ചോദ്യത്തിന്റെ സമാധാനമാണിത് ഭക്തൻ നേടുന്ന പരമപദത്തിന്റെ സ്വരൂപം വീണ്ടും വർണ്ണിക്കുന്നു യക്ഷരം വീ വി യദ്യോ വീതരാദ യന്തോ ബ്രഹ്മചര്യം ദേവജ്ഞന്മാർ അറിയാത്ത തത്വത്തെ നേരിട്ടറിയുന്ന ജ്ഞാനികൾ ഏത് പരമപദത്തെയാണോ അക്ഷരം അഥവാ അക്ഷയം എന്ന് വ്യവഹരിക്കുന്നത് വിരക്തമായ മഹാത്മാക്കൾ എവിടെ പ്രവേശിക്കാനാണോ പ്രയത്നിക്കുന്നത് സാധകൻ ഏത് സ്ഥാനത്തെത്താനാണോ ബ്രഹ്മചര്യവ്രതമനുഷ്ഠിക്കുന്നത് ആ പദത്തെപ്പറ്റി ഞാൻ നിന്നോട് സംഗ്രഹിച്ചു പറയാം സംഭോഗേച്ഛയെ നിയന്ത്രിക്കൽ മാത്രമല്ല ബ്രഹ്മചര്യം ബാഹ്യ നിന്നും മനസ്സിനെ പിന്തിരിപ്പിച്ച് സർവേന്ദ്രിയങ്ങളും നിയന്ത്രിക്കുന്നതാണ് ബ്രഹ്മചര്യം ആ സ്ഥാനം നേടിയെടുക്കേണ്ടതെങ്ങനെയെന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു യമ്യ മനോർഹൃതിനിരുദ്ധ്യ മൂർധാത്മന പ്രാണം ആസ്ഥിതോ യോഗധാരണ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും വാതിലുകൾ അടച്ച് വാസനകൾക്ക് വിരാമിട്ട് മനസ്സിനെ ഹൃദയത്തിൽ ഉറപ്പിച്ച് ധ്യാനിച്ച് പ്രാണനെ അഥവാ അന്തക്കരണവ്യാപാരങ്ങളെ മസ്തിഷ്കത്തിൽ നിരോധിച്ച് യോഗാചാര്യങ്ങൾ അനുഷ്ഠിച്ച് പരമഗതി പ്രാപിക്കണം ഓ മിത്യേകാക്ഷരം ബ്രഹ്മൻ മാമനുസ്മരൻ മരണവേളയിൽ അക്ഷയബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന ഓം എന്ന പ്രണവാക്ഷരം ജപിച്ചുകൊണ്ട് എന്നെ സ്മരിക്കുന്ന പുരുഷൻ പരമഗതി പ്രാപിക്കും യോഗേശ്വരനും പരമതത്വത്തിൽ സ്ഥിതി ചെയ്യുന്ന മഹാപുരുഷനും സദ്ഗുരുവുമായ ശ്രീകൃഷ്ണൻ തനിക്ക് തുല്യരാണ് പരമഗതി പ്രാപിക്കുന്നവർ എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഓം എന്ന് ജപിക്കാനാണ് അല്ലാതെ ശ്രീകൃഷ്ണ എന്ന് ജപിക്കാനല്ല ഇവിടെ ആവശ്യപ്പെട്ടത് പിൽക്കാലത്ത് കൃഷ്ണനാമജപവും പ്രചാരത്തിലായി എന്നേ ഉള്ളൂ ഉറച്ച വിശ്വാസത്തോടെ പരമാത്മസ്മരണയോടെ എന്ത് ജപിച്ചാലും ഭഗവാൻ അതിന് ഫലം നൽകുക തന്നെ ചെയ്യും ഭഗവാൻ ശിവൻ രാമനാമം ജപിക്കുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഊന്നിപ്പറഞ്ഞിട്ടുണ്ട് യോഗികൾ ഏതിൽ രമിക്കുന്നുവോ അതാണ് രാമനാമം രാ ഓർ മാീച്ച് മേ കബീരഹാലുക്കായ് കബീറിന് ജീവൻ മുക്തനായ ഭക്തകവി രാ മാ എന്നീ അക്ഷരങ്ങളുടെ മദ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞു ശ്രീകൃഷ്ണൻ ഓങ്കാരത്തിന് ഊന്നൽ നൽകുന്നു വെളിയിൽ തിരിഞ്ഞാൽ അത് ലഭിക്കയില്ല ഈ ഓങ്കാരവും ആ പരംപൊരുളിനെ പരിചയപ്പെടുത്തിയിട്ട് ശാന്തമായി തീരുന്നു വാസ്തവത്തിൽ ആ പ്രഭുവിന്റെ പേരുകൾ അസംഖ്യമാണ് എന്നാൽ ജപിക്കാൻ എളുപ്പമായതും പരമാത്മസ്മരണം ഉണർത്തുന്നതും ശ്വാസഗതിക്ക് അനുയോജ്യവും ആയ ഒരു ചെറിയ നാമം അവയിൽ നിന്ന് ഭക്തന് തെരഞ്ഞെടുക്കാവുന്നതാണ് എന്നാൽ പേരുകൾക്കനുസരണമായി നിരവധി ദേവതകളുണ്ടെന്ന് കരുതുന്നത് മൌഢ്യമാണ് അനേകം ദേവീദേവന്മാരെപ്പറ്റിയുള്ള സങ്കല്പം സാധകനെ ക്ഷ്യത്തിൽ നിന്ന് വഴിതെറ്റിക്കാനേ ഇടയാക്കൂ പൂജ്യപരമാനന്ദഗുരു പറയുമായിരുന്നു എന്റെ രൂപം നോക്കുക എന്നിട്ട് ശ്രദ്ധയോടെ രണ്ടോ രണ്ടരയോ അക്ഷരമുള്ള ഏതെങ്കിലും ഒരു ഈശ്വരനാമം ജപിച്ച് അതിന്റെ അർത്ഥത്തിനനുസരിച്ച് ആത്മസ്വരൂപത്തെ ധ്യാനിക്കൂ ധ്യാനിക്കുന്നത് സദ്ഗുരുവിനെ തന്നെയാകട്ടെ നിങ്ങൾ രാമന്റെയോ കൃഷ്ണന്റെയോ അഥവാ വിരക്തനായ ഏതെങ്കിലും മഹാത്മാവിന്റെയോ ചിത്രമോ അതുമല്ലെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു രൂപമോ ധ്യാനവിഷയമാക്കൂ പരാത്മൻ ധ്യാന അനുഭവത്തിൽ നിങ്ങളെ വഴികാട്ടും സമകാലീനായ ഒരു സദ്ഗുരുവിനെ നിർദ്ദേശിക്കും ആ സദ്ഗുരുവിന്റെ ശിക്ഷണത്തിൽ നിങ്ങൾ ക്രമേണ പ്രകൃതിയുടെ അപ്പുറത്തെത്തിച്ചേരും ഞാനും അതായത് അടകടാനന്ദ തുടക്കത്തിൽ ശ്രീകൃഷ്ണന്റെ ചിത്രമാണ് ധ്യാനത്തിനുപയോഗിച്ചത് പൂജ്യപരമാനന്ദഗുരുവിന്റെ ശിക്ഷണം കിട്ടിയതോടെ എന്റെ വികൽപ്പങ്ങളും ശാന്തമായി തുടക്കക്കാരായ സാധകർ നാമജപം നടത്തും എന്നാൽ മഹാപുരുഷന്റെ സ്വരൂപം ഉള്ളിൽ ഉറയ്ക്കുകയില്ല ഏതെങ്കിലും ഒരു അന്യദേവതയുടെ രൂപമായിരിക്കും ഉള്ളിൽ ശ്രീകൃഷ്ണൻ ഈ ഏർപ്പാടിന് എതിരായിരുന്നു സമർപ്പണ മനോഭാവത്തോടെ ഏതെങ്കിലും മഹാപുരുഷനെ ശരണം പ്രാപിക്കാനാണ് ശ്രീകൃഷ്ണൻ നിർദ്ദേശിക്കുന്നത് പുണ്യപുരുഷാർത്ഥം പൂർണ്ണമാവുമ്പോൾ കുതർക്കങ്ങൾ ശമിച്ച് യഥാർത്ഥക്രിയയിൽ പരമാത്മധ്യാനത്തിൽ പ്രവേശിക്കും ജപത്തോടെ പരമാത്മസ്വരൂപനായ ഗുരുവിനെ നിരന്തരം സ്മരിച്ച് മനസ്സ് നിരോധിക്കുക അപ്പോൾ ശരീരബന്ധം ഇല്ലാതാവും സാധാരണ മരണം ശരീരത്തിന്റെ അന്ത്യമല്ല സതതം യോമാം സ്മരതി നിത്യശ തലഭം നിത്യുക്തയോഗേ പാർത്ഥ അനന്യചേതസായി ഞാനൊഴിച്ച് മറ്റാരും ചിത്തത്തിലില്ലാതെ എന്നെ എക്കാലവും സ്മരിച്ചുകൊണ്ട് എന്നോടെപ്പോഴും ചേർന്നിരിക്കുന്ന യോഗിക്ക് ഞാൻ എപ്പോഴും സുലഭനാകുന്നു അങ്ങനെ സുലഭനായാൽ ഭക്തന് എന്ത് പ്രയോജനമാണ് ഉണ്ടാവുകേത്യ പുനർജന്മ ദുഃഖാലയമ ശാശ്വതം നാപ്നുവന്തി മഹാത്മാനം എന്നെ പ്രാപിക്കുന്ന മഹാത്മാക്കൾ ദുഃഖത്തിന്റെ ഇരിപ്പിടവും ക്ഷണഭങ്കുരവുമായ പുനർജന്മം ഉണ്ടാകാനിടയാകാതെ പരമസിദ്ധി നേടുന്നു അപ്പോൾ പുനർജന്മത്തിന്റെ അതിര് എവിടെയാണ് പുനരാവർത്തിനോർജുനു പുനർജന്മന വിദ്യേ അർജുന ഈ ലോകത്തിൽ ബ്രഹ്മാവ് മുതൽ പുഴുക്കളും പൂമ്പാറ്റകളും വരെയുള്ള എല്ലാ ജീവികളുടെയും ജീവിതം ആവർത്തിക്കുന്നുണ്ട് ജനന മരണങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു എന്നർത്ഥം എന്നാൽ കുന്തിപുത്ര എന്നോട് ചേരുന്നവർക്ക് പുനർജന്മം ഉണ്ടാവുകയേയില്ല ധർമ്മഗ്രന്ഥങ്ങളിൽ ലോകലോകാന്തരങ്ങളെപ്പറ്റിയുള്ള സങ്കൽപ്പം ഈശ്വരമാർഗത്തിലെ വിഭൂതികളെപ്പറ്റിയുള്ള പ്രതീകാത്മകമായ പ്രസ്താവമാണ് വാസ്തവത്തിൽ അന്തരീക്ഷത്തിൽ അട്ടയം പുഴുക്കളുമുള്ള നരകഗർത്തമോ സുഖവാസ കേന്ദ്രമായ സ്വർഗമോ അല്ല ദൈവീക സമ്പത്തുള്ള മനുഷ്യർ ദേവന്മാരും ആസുരീ സമ്പത്തുള്ളവർ അസുരന്മാരുമാകുന്നു ശ്രീകൃഷ്ണനോട് അടുത്ത ബന്ധമുള്ള കംസൻ രാക്ഷസനും ബാണൻ അസുരനുമായിട്ടാണല്ലോ പരിഗണിക്കപ്പെട്ടത് ശ്രീകൃഷ്ണന്റെ അഭിപ്രായത്തിൽ ജീവാത്മാവ് മനസ്സിനോടും പഞ്ചേന്ദ്രിയങ്ങളോടും ചേർന്ന് ജന്മജന്മാന്തര സംസ്കാരത്തിനനുസൃതമായി പുതിയ ശരീരങ്ങൾ സ്വീകരിക്കുന്നു അമരന്മാർ എന്ന് കരുതപ്പെടുന്ന ദേവന്മാർക്ക് പോലും മരണമുണ്ട് ദേവത്വം ലഭിച്ചവർ പുണ്യം ക്ഷയിക്കുമ്പോൾ മറ്റ് മടങ്ങുന്നതായി ഗീതയിൽ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ ഇതിനേക്കാൾ വലിയ കുറവ് ഉണ്ടാകാനുണ്ടോ വശരീരം കിട്ടിയാലും ഫലമില്ല സഞ്ചിത പുണ്യങ്ങൾ തീരുമ്പോൾ തിരിച്ചു വരണമല്ലോ ദേവലോകം മൃഗലോകം കീടലോകം തുടങ്ങിയവയെല്ലാം ഭോഗലോകങ്ങളാണ് എന്നാൽ സാധനകളിലൂടെ പരമധാമത്തിലെത്തുന്നവർ മടങ്ങി വരില്ല ഇക്കാര്യം ഉപനിഷത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് യഥാ സർവേ പ്രമുച്ഛന്ദേ കായസ്യ ഹൃദസ്ഥിത അധമർത്യോ മൃത്തോഭവ ത്യത്ര ബ്രഹ്മസമശ്നുതേ ഹൃദയത്തിലുള്ള എല്ലാ കാമനകളും വേരോട് നശിക്കുമ്പോൾ മരണധർമാവായ മനുഷ്യൻ അമരനായിത്തീരുന്നു അപ്പോൾ മനുഷ്യജന്മത്തിൽ തന്നെ ബ്രഹ്മാനന്ദം അനുഭവിക്കാനും ഇടയാകുന്നു വിനുപോലും മരണമുണ്ടോ എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ടായേക്കാം മൂന്നാം അധ്യായത്തിൽ പ്രജാപതിയെപ്പറ്റി പ്രതിപാദിക്കുന്ന സന്ദർഭത്തിൽ യോഗേശ്വരൻ പറഞ്ഞു ലക്ഷ്യപ്രാപ്തിയോടെ ബുദ്ധി ഒരു യന്ത്രം മാത്രമായി തീരുന്നുവെന്ന് അതിലൂടെ പരമാത്മാവ് വ്യക്തമായിത്തീരുന്നു ഇത്തരം മഹാപുരുഷന്മാരിലൂടെയാണ് യജ്ഞവിധികൾ ഉണ്ടായത് ബ്രഹ്മാവിന്റെ സ്ഥിതി ലഭിക്കുന്ന ആളും മാറ്റത്തിന് വിധേയനാണ് പരമാത്മാവ് ഏത് മഹാപുരുഷനിലൂടെയാണോ വ്യക്തമാവുന്നത് ആ മഹാപുരുഷന്റെ ബുദ്ധി മറ്റുള്ളവർക്ക് ഉപദേശം നൽകുന്നതും ഉപകാരം ചെയ്യുന്നതുമാകയാൽ ബ്രഹ്മാവിന് തുല്യമായി കരുതപ്പെടുന്നു ലക്ഷ്യപ്രാപ്തിക്ക് ശേഷം ബുദ്ധി പരമാത്മാവിന്റേതാകയാൽ ബ്രഹ്മാവെന്ന് കരുതാനാവില്ല എന്നാൽ ലക്ഷ്യപ്രാപ്തിക്ക് മുൻപ് സാധനകൾ നടത്തുമ്പോൾ ബുദ്ധിയെ ബ്രഹ്മാവായി കരുതാം രാമചരിത മാനസത്തിൽ ബുദ്ധിയെ അജനായും മനസ്സിനെ ചന്ദ്രനായും മറ്റും ചിത്രീകരിച്ചിട്ടുണ്ട് എന്നാൽ സാധാരണ മനുഷ്യരുടെ ബുദ്ധിയെ ബ്രഹ്മാവായി കരുതാനാവില്ല ബുദ്ധി പരമാത്മാവിലേക്ക് പ്രവേശിച്ചു തുടങ്ങുമ്പോഴേ ബ്രഹ്മാവായി പരിഗണിക്കാനുള്ള യോഗ്യത ഉണ്ടാവുകയുള്ളൂ ബ്രഹ്മാവിന് നാല് മുഖങ്ങൾ അഥവാ നാല് വിഭാഗങ്ങൾ ഉണ്ട് ബ്രഹ്മവിത്ത് ബ്രഹ്മവിദ്വരൻ ബ്രഹ്മവിദ്വരിയാൻ ബ്രഹ്മവിദ്വരിഷ്ടൻ എന്നിങ്ങനെ ആദ്യമായി ബുദ്ധി വിദ്യോട് ചേരുന്ന സമയത്തുണ്ടാകുന്ന അറിവ് ബ്രഹ്മവിത്ത് ബ്രഹ്മവിദ്യയുടെ കൂടുതൽ അവഗാഹം നേടിയ ശ്രേഷ്ഠമായ ബുദ്ധിയെ ബ്രഹ്മവിദ്വരൻ എന്നും ബ്രഹ്മവിദ്യയുടെ ഉന്നത ശ്രേണിയിലെത്തി അതിനെ നിയന്ത്രിക്കുകയും ചലിപ്പിക്കുകയും ചെയ്യുന്ന ബുദ്ധിയെ ബ്രഹ്മവിദ്വരീയൻ എന്നും പറയുന്നു പരമാത്മാവിൽ പ്രവേശിക്കുന്ന ബുദ്ധിയാകട്ടെ ബ്രഹ്മവിദ്വനിഷ്ഠൻ എന്ന പേരിലും അറിയപ്പെടുന്നു ഇതുവരെയേ ബുദ്ധി സ്വതന്ത്രമായി നിലനിൽക്കുന്നുള്ളൂ പരമാത്മാവും ബുദ്ധിയും ഇതുവരെ മാത്രമാണ് പ്രത്യേകമായി വർത്തിക്കുന്നത് പ്രകൃതിയുടെ അതിർത്തിയിലാണിപ്പോൾ ബുദ്ധി അത് പ്രകാശസ്വരൂപത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശാത്മനമയമാകുന്നു അവിദ്യയിൽ കഴിയുമ്പോൾ ഉണർവില്ലാത്തതായി ഭവിക്കുന്നു ഇതുതന്നെയാണ് ഇരുളും വെളിച്ചവുമായും അഥവാ രാത്രിയും പകലുമായും ചിത്രീകരിക്കപ്പെടുന്നത് ബുദ്ധി മായയുടെ ഇരുളിൽ നിന്ന് ദിവ്യത്വത്തിന്റെ പ്രകാശത്തിലേക്ക് കടക്കുമ്പോൾ അചേതനകൾ സചേതനകളായിത്തീരുന്നു ബുദ്ധി അവിദ്യയാകുന്ന രാത്രിയിൽ പ്രവേശിക്കുമ്പോൾ സചേതനങ്ങൾ അചേതനങ്ങളായിത്തീരുന്നു നിശ്ചയാത്മികമായ ബുദ്ധി അപ്പോൾ സംശയാത്മികമായി മാറുന്നു സ്വരൂപത്തിലേക്ക് കടക്കാനുള്ള ശ്രമം അതോടെ വിഫലമാകുന്നു ഇതാണ് ബ്രഹ്മാവിൻ്റെ രാത്രിയും പകലും പകൽ വെളിച്ചത്തിൽ ബുദ്ധിയോടെ ഒരായിരം പ്രവർത്തനങ്ങളിൽ ഈശ്വരീയമായ പ്രകാശം വന്ന് വീഴുന്നു അവിദ്യയുടെ രാത്രിയിൽ പ്രവർത്തന മണ്ഡലങ്ങൾ ഇരുളിൽ മുങ്ങുന്നു ശുഭവും അശുഭവും വിദ്യയും അവിദ്യയും എന്നീ വിരുദ്ധ പ്രവൃത്തികൾ ശാന്തമാകുമ്പോൾ അതായത് ദിനരാത്രങ്ങളിലെ ചേതനാചേതങ്ങളാകുന്ന ഭൂതങ്ങൾ നഷ്ടമാകുമ്പോൾ ആ അവ്യക്തബുദ്ധിയുടെ അപ്പുറത്തുള്ള ശാശ്വതമായ അവ്യക്തഭാവം അഥവാ സനാതനഭാവം പ്രാപ്തമാകുന്നു അത് പിന്നീട് ഒരിക്കലും നഷ്ടമാകുന്നില്ല ബുദ്ധിയുടെ മേൽ പ്രസ്താവിച്ച നാലവസ്ഥകൾക്കപ്പുറത്തെത്തിയ ആളാണ് മഹാപുരുഷൻ അവിടെ ബുദ്ധി യന്ത്രതുല്യമായി പരമാത്മാവിന്റെ ഭാഗമായിത്തീരുന്നു ഉപദേശവും പ്രേരണയും നൽകുന്നതുകൊണ്ട് അത് പിന്നെയും ബുദ്ധി എന്ന് വ്യവഹരിക്കപ്പെടുന്നു ഈ അവസ്ഥയിലെത്തിയാൽ പിന്നെ പുനർജന്മം ഉണ്ടാകുന്നില്ല എന്നാൽ ഇതിനു മുൻപുള്ള അവസ്ഥയിലെ ബുദ്ധി അഥവാ ബ്രഹ്മാവ് പുനർജന്മത്തിന് വിധേയമത്രേ ഈ വിഷയത്തിൽ വീണ്ടും വെളിച്ചം പരത്താൻ ഇനിയും ശ്രമിക്കുന്നു സഹസ്രയുഗപര്യന്തം അഹര്യദ് ബ്രഹ്മണോ ആയിരം ചതുർയുഗം വീതമാണ് ബ്രഹ്മാവിന്റെ ഓരോ പകലും ഓരോ രാത്രിയും എന്നറിയുന്ന അറിവ് അപൂർണമായ അറിവാകുന്നു ഈ ശ്ലോകത്തിൽ പകലും രാത്രിയും വിദ്യയുടെയും അവിദ്യയുടെയും പ്രതീകമാണ് ബ്രഹ്മവിദ്യയോട് ചേർന്ന ബുദ്ധി ബ്രഹ്മാവിന്റെ ആദ്യഘട്ടമാണ് ബ്രഹ്മവിദ്വരിഷ്ഠയായ ബുദ്ധി ബ്രഹ്മാവിന്റെ പരമകാഷ്ടയം വിദ്യാസഹിതയായ ബുദ്ധിയാണ് ബ്രഹ്മാവിന്റെ ദിവസം വിദ്യ പ്രവർത്തന നിരുതമാകുമ്പോൾ യോഗി പരമസ്വരൂപത്തിലേക്ക് പുരോഗമിക്കുന്നു അന്ധക്കരണത്തിന്റെ ആയിരക്കണക്കിന് പ്രവൃത്തികളിൽ ഈശ്വരഭക്തി അനുക്രമം വന്ന് നിറയുന്നു അതുപോലെ അവിദ്യയുടെ രാത്രിയാവുമ്പോൾ അന്ധക്കരണത്തിന്റെ ആയിരക്കണക്കിന് പ്രവൃത്തികളിൽ മായയുടെ ദുന്ദങ്ങൾ നിറയുന്നു പ്രകാശത്തിൻ്റെയും ഇരുട്ടിന്റെയും അതിർത്തി ഇതാണ് ഇതിനുശേഷം അവിദ്യയോ വിദ്യയോ നിലനിൽക്കുന്നില്ല അപ്പോൾ പരമാത്മാവ് വിദിതനാകുന്നു അവിദ്യയുടെ രാത്രിയും വിദ്യയുടെ പകലും എപ്പോഴൊക്കെ അവസാനിക്കുകയും ആരംഭിക്കുകയും ചെയ്യുന്നു എന്നറിയുന്ന യോഗികൾ കാലത്തിന്റെ തത്വം അറിയുന്നവരാണ് പണ്ഡിതന്മാർ പണ്ട് അന്തരംഗത്തെ ചിത്തം എന്നും ചിലപ്പോൾ ബുദ്ധിയെന്നും വിളിച്ചിരുന്നു കാലാന്തരത്തിൽ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്ന നാല് വിധത്തിൽ അന്തക്കരണത്തെ വിഭജിച്ച് തുടങ്ങി വാസ്തവത്തിൽ അന്ധക്കരണവൃത്തികൾ അനന്തമാണ് ബുദ്ധിയിൽ അവിദ്യയുടെ ഇരവും വിദ്യയുടെ പകലും അടങ്ങിയിരിക്കുന്നു ഇതാണ് ബ്രഹ്മാവിൻ്റെ രാപകലുകൾ ജഗത് രൂപിയായ രാത്രിയിൽ എല്ലാ ജീവന്മാരും അചേതനങ്ങളായി തീർന്നു പ്രകൃതിയിൽ വിഹരിക്കുന്ന അവരുടെ ബുദ്ധിക്ക് പ്രകാശസ്വരൂപനായ പരമാത്മാവിനെ കാണാനാവില്ല യോഗം അനുഷ്ഠിക്കുന്ന മാർ ഉണർന്ന് പരമാത്മ സ്വരൂപത്തിലേക്ക് പുരോഗമിക്കുന്നു ഈ വിഷയത്തെപ്പറ്റി ഗോസ്വാമി തുളസിദാസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു കബഹും ദിവസമഹം നിബിഡുതമ കബഹുകതങ്ക് ബിനസൈ ഉപജയ ഗ്യാന ജിമി പായി കുസങ്ക് സുസങ്ക് തുളസി രാമായണം നാല് സൂര്യൻ ഉദിച്ചുയരുമ്പോൾ വെളിച്ചം പരക്കുകയും സൂര്യൻ അദൃശ്യനാവുമ്പോൾ ഇരുട്ടുപരക്കുകയും ചെയ്യുന്നതുപോലെ സൽസംഗത്തിലൂടെ ജ്ഞാനം പ്രകാശിക്കുകയും ദുസ്സംഗത്തിലൂടെ അജ്ഞത ഉള്ളിൽ നിറയുകയും ചെയ്യുന്നു വിദ്യയോടുകൂടിയ ബുദ്ധി ചീത്ത മൂലം അവിദ്യയിലും പിന്നീട് സൽസംഗം കൊണ്ട് വിദ്യയിലും ആമഗ്നമാകുന്നു ഈ കയറ്റവും ഇറക്കവും ലക്ഷ്യപ്രാപ്തി വരെ നീണ്ടു നിൽക്കുന്നു ലക്ഷ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിയില്ല ബ്രഹ്മാവില്ല രാത്രിയില്ല പകലുമില്ല ഇതാണ് ബ്രഹ്മാവിന്റെ ദിനരാത്രങ്ങളുടെ പ്രത്യേകത എങ്ങും ആയിരക്കണക്കിന് വർഷം നീളമുള്ള രാത്രിയില്ല ആയിരക്കണക്കിന് ചതുരയുഗങ്ങൾ നീണ്ട പകലുമില്ല നാലു മുഖമുള്ള ബ്രഹ്മാവ് എങ്ങുമില്ല അത് വെറും ഭാവനയാണ് ബുദ്ധിയുടെ മുൻ നാലവസ്ഥകളാണ് ബ്രഹ്മാവിന്റെ ശിരസുകളായി വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത് അതുപോലെ അന്ധക്കരണത്തിന്റെ നാല് പ്രവർത്തികൾ മാത്രമാണ് ചതുർയുഗങ്ങൾ ഇക്കാര്യം അറിയുന്ന യോഗികൾ കാലഭേദത്തെയും കാലത്തിനതീതനായ വിരാട് പുരുഷനെയും അറിയുന്നു വിദ്യയുടെയും അവിദ്യയുടെയും പ്രത്യേകതകളെ വീണ്ടും വിശദീകരിക്കുന്നു ബ്രഹ്മാവിന്റെ ദിവസം തുടങ്ങുമ്പോൾ അതായത് ദൈവീക സമ്പത്തിന്റെ ആരംഭത്തിൽ എല്ലാ പ്രാണികളും അവ്യക്തബുദ്ധിയുടെ വെളിച്ചത്തിൽ ഉണരുന്നു രാത്രികാലത്തിൽ അദൃശ്യമായ ആ അവ്യക്തബുദ്ധിയിൽ അവർ ഉറങ്ങുന്നു എന്തെന്നാൽ ജാഗ്യതിയുടെ സൂക്ഷ്മത്വം അപ്പോൾ നിശ്ചലവും നിശ്ചേതനവുമായി അവർക്ക് അവിദ്യയുടെ ഇരുട്ടിൽ സ്വരൂപം സ്പഷ്ടമായി കാണാൻ പറ്റുന്നില്ല ഉണരുന്നതിനും ഉറങ്ങുന്നതിനും ആധാരം ഈ ബുദ്ധി തന്നെ അത് ദൃഷ്ടിഗോചരമാകാതെ ആളുകളിൽ അവ്യക്തമായി സ്ഥിതി ചെയ്യുന്നു ഭൂതഗ്രാമസേവാ ഭൂവാഭൂവാ പ്രലീയത്തെ ഹേ പാർത്ഥ എല്ലാ പ്രാണികളും ഇപ്രകാരം ഉണർന്നു കഴിഞ്ഞാലും പ്രകൃതിയുടെ ശക്തിയാൽ ദിവശരായി അവിദ്യയാകുന്ന രാത്രി ആരംഭിക്കുന്നതോടെ ചേതന മങ്ങിക്കിടക്കാനിടയാകുന്നു ജീവിതലക്ഷ്യമെന്തെന്ന് അവർക്കറിയാൻ സാധിക്കുന്നില്ല പകൽ ആരംഭിക്കുമ്പോൾ വീണ്ടും അവർ ഉണരുന്നു ബുദ്ധിയുള്ളിടത്തോളം കാലം ഇങ്ങനെ വിദ്യയും അവിദ്യയും വന്നും പോയുമിരിക്കും ഈ കാലഘട്ടത്തിൽ സാധകനെ മഹാപുരുഷനെന്ന് കരുതാനാവില്ല ോ വ്യക്തസനാതൂഷ നശ്യസുനശ്യ ബുദ്ധി അഥവാ ബ്രഹ്മാവ് അവ്യക്തമാണ് അതിനെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാനാവില്ല ഇതിന്റെ അപ്പുറത്താണ് സനാതനമായ അവ്യക്തഭാവം ഭൂതങ്ങൾ നഷ്ടമായാലും ആ അവ്യക്തഭാവം നഷ്ടമാവില്ല വിദ്യയുടെ പകലിൽ ഉണരുന്നതും അവിദ്യയുടെ ഇരുവിൽ മയങ്ങി വീഴുന്നതുമായ അവ്യക്തമായ ബുദ്ധി നാശമടഞ്ഞാലും സനാതനമായ അവ്യക്തഭാവം അവശേഷിക്കും അതിന് സംശയമില്ല ബുദ്ധിയിൽ ഉണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയും അവസാനിക്കുമ്പോൾ സനാതനമായ അവ്യക്തഭാവം അഥവാ പരമധാമം ഉപലക്തമാകുന്നു ബുദ്ധി ആ ഭാവത്തിൽ ലയിക്കുകയും ചെയ്യുന്നു അങ്ങനെ വിലയിക്കുമ്പോൾ സനാതന മാത്രം അവശേഷിക്കുന്നു ോക്ഷരമാരമാനു വർത്താമ ആ സനാതനമായ അവ്യക്തഭാവത്തിന് അക്ഷരം അഥവാ നശിക്കാത്തത് എന്നും പറയുന്നു തന്റെ ആ പരമധാമത്തിലെത്തിയാൽ മനുഷ്യൻ പിന്നെ പിന്നോട്ട് വരുന്നില്ല പുനർജന്മവും ഉണ്ടാകുന്നില്ല ആ പരമധാമത്തിന്റെ സ്വഭാവത്തെപ്പറ്റി തുടർന്ന് പറയുന്നു പുരുഷ ഭക്തന്യസ് ഭൂത സകലാചാരങ്ങളെയും ഉള്ളിൽ വഹിക്കുന്ന എമ്പാടും വ്യാപിച്ചിരിക്കുന്ന സനാതനവും അവ്യക്തവുമായ ഭ്രഹത്തെ അനന്യഭക്തിയോടെ ഭജിച്ചാൽ ആർക്കും പ്രാപിക്കാം അങ്ങനെ പുനർജന്മത്തെ അതിജീവിക്കുന്ന കാലത്തെപ്പറ്റി ഇനി പറയുന്നു ൃത്തിവൃത്തിന പ്രയാതം വക്ഷ ഭരതർഭേ അർജുന യോഗികൾ ശരീരത്യാഗത്തിനു ശേഷം പുനർജന്മത്തിൽ പ്രവേശിക്കാത്തതും പ്രവേശിക്കുന്നതും ഏതേത് കാലത്തിലാണെന്ന് ഇനി വിവരിക്കാം അഗ്നിർജ്യോതിരഹുക്ലൺമാസ ഉത്തരണം തത്ര പ്രയാതീ ബ്രഹ്മ ബ്രഹ്മവിദോ ജന ശരീരത്യാഗം ചെയ്യുമ്പോൾ ജ്യോതിർമയമായ അഗ്നിജ്വലിക്കുകയും പകലിൻ്റെ പ്രകാശം പ്രസരിക്കുകയും സൂര്യൻ പ്രകാശിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലോ ശുക്ലപക്ഷത്തിലെ ചന്ദ്രൻ ഉദിച്ചുയർന്നിട്ടുണ്ടെങ്കിലോ ഉത്തരായണത്തിലെ മേഘരഹിതമായ ആകാശം കാണപ്പെടുന്നുണ്ടെങ്കിലോ മരണം സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനിയായ യോഗിയുടെ ആത്മാവ് ്രഹ്മത്തോട് ചേരും അഗ്നി ബ്രഹ്മ തേജസ്സിന്റെ പ്രതീകമാണ് പകൽ വിദ്യയുടെയും വെളിച്ചത്തിന്റെയും ശുക്ലപക്ഷം നിർമ്മലതയുടെ ദ്യോദ്യകമാണ് വിവേകം വൈരാഗ്യം ശമം ദമം തേജസ് പ്രജ്ഞ എന്നിവയാണ് ഷൺമാസം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത് ഊർധ്വരേതസിന്റെ അവസ്ഥയാണ് ഉത്തരായണം പ്രകൃതിക്കപ്പുറത്തുള്ള ഈ അവസ്ഥയിൽ എത്തിയ ബ്രഹ്മജ്ഞാനികളായ യോഗികൾ ബ്രഹ്മത്വം പ്രാപിക്കുന്നു അവർക്ക് പിന്നെ പുനർജന്മമില്ല എന്നാൽ അനന്യചിന്തയോടെ ധ്യാനനിരതനായി കഴിയുന്ന യോഗിമാർക്ക് സാധന പൂർണ്ണമാകാതിരിക്കുകയും ബ്രഹ്മത്വം ലഭിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ എന്തവസ്ഥയാണുണ്ടാകുന്നത് എന്ന സംശയത്തിന് ഇനി മറുപടി പറയുന്നു ധൂമോരാത്രിസ് തൃഷ്ണസക്ഷിം തത്ര ചാദ്രമസം ജ്യോതി യോഗീ പ്രാപ്യ നിവർത്ത പ്രയാണകാലത്ത് യാഗാഗ്നി പുകകൊണ്ട് മറയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിദ്യയുടെ ഇരുൾ പരന്നിട്ടുണ്ടെങ്കിൽ ചന്ദ്രൻ ക്ഷീണിതനാകുന്ന കൃഷ്ണപക്ഷമാണെങ്കിൽ കാമക്രോധ ലോപമോഹ മതമാത്സര്യങ്ങളാകുന്ന ദക്ഷിണായനമാണെങ്കിൽ അങ്ങനെയുള്ള യോഗിക്ക് വീണ്ടും ജന്മം എടുക്കേണ്ടതായി വരുന്നു അപ്പോൾ ശരീരം നഷ്ടമാകുന്നതിനൊപ്പം സാധനയും നഷ്ടമാകുമോ ഇതിനു മറുപടി യോഗേശ്വരൻ പറയുന്നു ശുക്ലകൃഷ്ണേ ഗാശ്വത്തെ മത ഏകയാത്യനാവൃത്തി അന്യയാവർത്ത പുനഃ മേൽപരാമർശിച്ച ശുക്ലപക്ഷത്തിലൂടെയും കൃഷ്ണപക്ഷത്തിലൂടെയും നടത്തുന്ന യാത്രകളിലും അനുഷ്ഠിച്ച സാധനകൾ ശാശ്വതമാകുന്നു അതൊരിക്കലും നശിക്കയില്ല അവയിൽ ശുക്ലപക്ഷത്തിലൂടെ യാത്ര ചെയ്യുന്നവർ താമസിയാതെ പരഗതി പ്രാപിക്കുന്നു രണ്ടാമത്തെ അവസ്ഥയിൽ അതായത് കൃഷ്ണപക്ഷത്തിൽ വെളിച്ചമില്ലാത്ത ഇരുണ്ട വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് വീണ്ടും ജന്മമെടുക്കേണ്ടതായി വരുന്നു പൂർണ്ണമായ വെളിച്ചം ലഭിക്കുന്നതുവരെ ഈശ്വര ഭജനം നടത്തേണ്ടതായും വരുന്നു അതിനാൽ നിരന്തരം സാധന അനുഷ്ഠിക്കാൻ അർജുനനോട് ആവശ്യപ്പെടുന്നു യോഗീ മുഹത്തിനേ പാർത്ഥ ഈ മാർഗങ്ങളെപ്പറ്റി മനസ്സിലാക്കിയ യോഗികൾ ഭ്രമത്തിന് വിധേയരാവുന്നില്ല പൂർണ്ണ പ്രകാശം ലഭിക്കുമ്പോൾ ബ്രഹ്മപദപ്രാപ്തി ഉണ്ടാകുമെന്നും പ്രകാശം മങ്ങിയാലും അടുത്ത ജന്മത്തിൽ നേരത്തെ ചെയ്ത് സാധനകൾ നഷ്ടപ്പെടാതെ തുടർന്നും സാധനകൾ ചെയ്ത് ലക്ഷ്യം നേടാമെന്നും അവർ അറിയുന്നു രണ്ട് ഗതികളും ശാശ്വതമാണ് അതിനാൽ അർജുന ഏതവസ്ഥയിലും സാധനകൾ തുടരെ ചെയ്ത് യോഗയുക്തനാവുക േ യു തപസ്സു ദുണ്യഫലം പ്രതിഷ്ടം അത്േതി തത്സവമിദം വി യോഗ പരം സ്ഥാനമുൈതി ചാദ്യം വേദം തപസ് ദാനം എന്നിവയുടെ സദ്ബലങ്ങൾ കൊണ്ട് യോഗി പരമപഥത്തിലെത്തുന്നു അവിദിതനായ പരമാത്മാവിനെപ്പറ്റിയുള്ള ജ്ഞാനമാണ് വേദം അവിദിത തത്വം വിദിതമായി കഴിഞ്ഞാൽ പിന്നെ ആര് എന്തിനെ അറിയാൻ തത്വങ്ങൾ അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ വേദം കൊണ്ടെന്ത് ഫലം എന്തെന്നാൽ അപ്പോൾ ജ്ഞാതാവ് ന്യേയമായ ബ്രഹ്മത്തിൽ നിന്ന് അഭിന്നനായിത്തീരുമല്ലോ യജ്ഞത്തിന് നിയതക്രിയകൾ ആവശ്യമാണ് എന്നാൽ ബ്രഹ്മതത്വം അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ആർക്കു യജ്ഞം നടത്തണം മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ലക്ഷ്യത്തിന് തപിപ്പിക്കുന്നതാണ് തപസ് ലക്ഷ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിന് തപസ് ചെയ്യണം മനസാ വാച കർമ്മണ സർവസ്വവും സമർപ്പിക്കുന്നതാണ് ദാനം ഇതിൻ്റെയെല്ലാം ഫലം പരമാത്മപ്രാപ്തിയാണ് ഫലം ലഭിച്ചുകഴിഞ്ഞാൽ യജ്ഞാദികൾ അനുഷ്ഠിക്കേണ്ട കാര്യമില്ല യോഗി യജ്ഞതപോദാനങ്ങളെ അതിജീവിച്ച് പരമപദം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുകയാണല്ലോ നിഷ്കർഷം ഈ അദ്ധ്യായത്തിന്റെ തുടക്കത്തിൽ അർജുനൻ ഭഗവാനോട് ഏഴ് ചോദ്യങ്ങൾ ചോദിച്ചു ്രഹ്മം എന്ത് അധ്യാത്മം എന്ത് എന്താണ് പൂർണ്ണമായ കർമ്മം അതിദൈവം എന്ത് അതിഭൂതം എന്ത് അതിയജ്ഞൻ ആര് അന്ത്യകാലത്ത് അങ്ങ് വിസ്മൃതിക്ക് വിധേയനാകാതെ അറിയപ്പെടുന്നതെങ്ങനെ ഇവയാണോ ഏഴ് ചോദ്യങ്ങൾ ഇവയ്ക്ക് ശ്രീകൃഷ്ണൻ മറുപടി പറഞ്ഞു ഒരിക്കലും നശിക്കാത്തതേതോ അതാണ് ബ്രഹ്മം യിൽ നിന്ന് വിടുതൽ നേടി ആത്മാവിൻ്റെ ആധിപത്യത്തിൽ വരുന്നതാണ് അധ്യാത്മം ശുഭവും അശുഭവുമായ സംസ്കാരങ്ങളിൽ നിന്നുളവാകുന്ന വികാരഭൂതങ്ങളുടെ ഭാവങ്ങളെ നിശേഷം നശിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് കർമ്മം പ്രപഞ്ചവസ്തുക്കളുടെ നാശത്തിനുള്ള മാധ്യമമാണ് അതിഭൂതം പരമപുരുഷൻ തന്നെ അതിദൈവം യജ്ഞങ്ങളെല്ലാം എവിടെ വിലയം കൊള്ളുന്നവോ ആ യോഗേശ്വരൻ അതിയജ്ഞനായും അറിയപ്പെടുന്നു അനന്യഭക്തിയോടെ പരബ്രഹ്മസ്വരൂപം എപ്പോഴും ധ്യാനിക്കെയാണ് പരമാത്മാവിനെ അറിയാനുള്ള ഏകമാർഗം മനസ്സിന്റെ നിരോധവും നിരുദ്ധവുമായ മനസ്സിന്റെ വിലയവുമാണ് അന്ധകാലം ശരീരം വീണ്ടുമുണ്ടാകാനുള്ള മാധ്യമം അതോടെ നഷ്ടമാവുന്നു ആ സമയത്ത് പരമഭാവത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു പിന്നെ ജന്മമുണ്ടാവുകയില്ല ശ്രീകൃഷ്ണൻ സ്മരണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്നെ സ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുക എന്ന് അർജുനനോട് പറഞ്ഞു സ്മരണവും യുദ്ധവും ഏകകാലത്തിൽ നടക്കുമോ നടക്കും ജയഗോപാല ജയകൃഷ്ണ എന്നുരുവിട്ടുകൊണ്ട് ആയുധപ്രയോഗം നടത്താൻ എന്താ വിഷമം യോഗനിഷ്ഠനായിരുന്നു പരമാത്മാവിനെ നിരന്തരം ധ്യാനിക്കുന്ന അവസ്ഥയിലെത്തിയ ഒരാൾക്ക് പിന്നെ യുദ്ധം ചെയ്യേണ്ട ആവശ്യമെന്ത് അപ്പോൾ ഇത് ഭൗതികമായ യുദ്ധമല്ലെന്ന് വ്യക്തം കാമലോപാതി ശത്രുക്കളോട് നടത്തുന്ന ആന്തരിക യുദ്ധമാണിവിടെ പ്രതിപാദ്യം ഈ ശത്രുക്കൾ ഈശ്വരസ്മരണത്തിനെതിരാണ് ഈശ്വരസ്മരണത്തോടെ ഈ ശത്രുക്കളെ കീഴടക്കാനാണ് ശ്രീകൃഷ്ണൻ ആവശ്യപ്പെടുന്നത് പരമഗതിക്കുള്ള മാർഗമാണത് ഈ പരമഗതിക്കുവേണ്ടി അർജുന നീ ഓം എന്ന് ജപിക്കുകയും എന്റെ രൂപം ധ്യാനിക്കുകയും ചെയ്യുക നാമവും രൂപവും ഈശ്വരധ്യാനത്തിന്റെ താക്കോലാണ് പുനർജന്മത്തെപ്പറ്റി ഈ അധ്യായത്തിൽ വ്യക്തമായ വിശദീകരണമുണ്ട് ബ്രഹ്മാവു മുതൽ അണുജീവി വരെ പുനർജന്മത്തിന് വിധേയമാണ് സകല ചരാചരങ്ങളും നശിച്ചാലും എന്റെ വ്യക്തമായ അവസ്ഥ സമാപ്തമാകുന്നില്ല എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു യോഗനിഷ്ഠയിൽ പ്രവേശിച്ചവർക്ക് രണ്ട് ഗതികളുണ്ട് പൂർണ്ണമായ വെളിച്ചം ലഭിച്ച ഷഠൈശ്വര്യസമ്പന്നരായ യോഗികൾ ശുക്ലപക്ഷത്തിലൂടെ പരമഗതി നേടുന്നു യോഗനിഷ്ഠയിൽ തെറ്റുകൾ പറ്റിയവർ കൃഷ്ണപക്ഷത്തിലൂടെ അതായത് ഇരുളിന്റെ വഴിയിലൂടെ ജീവിതാന്ത്യം വരിച്ച ശേഷം വീണ്ടും ജനിക്കാനിടയാവുന്നു എന്നാൽ പൂർവജന്മത്തിൽ നടത്തിയ സാധനകൾ ഭംഗിയായി പൂർത്തിയാക്കുന്നതോടെ ഇവരും പരമഗതിക്കർഹരാകുന്നുണ്ട് നേരത്തെ തന്നെ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് സാധനകൾ ചെയ്താൽ തന്നെ ജന്മമരണ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ചെയ്യുന്ന സാധനകൾ ഒരിക്കലും നഷ്ടമാകുന്നില്ല രണ്ട് വഴികളും ശാശ്വതഫലമുളവാക്കും മുൻപും പിൻപും എന്ന വ്യത്യാസമേയുള്ളൂ ഇക്കാര്യം അറിയുന്നവരാരും യോഗചര്യയിൽ നിന്ന് പിന്മാറുകയില്ല ഈ അധ്യായത്തിൽ പരമഗതി ഇടയ്ക്കിടെ ചിത്രീകരിക്കപ്പെടുന്നുണ്ട് അവ്യക്തം അക്ഷയം അക്ഷരം എന്നീ നാമങ്ങളാൽ നാശമില്ലാത്ത അവസ്ഥയാണല്ലോ പരമഗതി ഓം തത്സതി ശ്രീമദ്ഭഗവത്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാ അക്ഷരബ്രഹ്മയോഗോ നാമ അഷ്ടമോധ്യായ ഓഹ്മം സത്യം ഇങ്ങനെ ഉപനിഷത്സാര സർവസ്വവും ്രഹ്മവിദ്യാമയവും യോഗശാസ്ത്രവിഷയകവും ശ്രീകൃഷ്ണാർജുന സംവാദരൂപവുമായ ഭഗവത്ഗീതയിൽ അക്ഷരബ്രഹ്മയോഗം എന്ന എട്ടാമധ്യായം തീർന്നു ഇത് ശ്രീമത് പരമഹംസ പരമാനന്ദ ശിഷ്യ സ്വാമി അടഗടാനന്ദ്രീമദ്ഭഗവത്ഗീതയാഥാർത്ഥഗീതാഭാഷ്യെ അക്ഷരബ്രഹ്മയോഗോ നാമാഷ്ടമോധ്യായ ശ്രീമദ് പരമഹംസ പരമാനന്ദജി മഹാരാജിന്റെ ശിഷ്യനായ സ്വാമി അടഗടാനന്ദജി രചിച്ച യഥാർത്ഥഗീത എന്ന ശ്രീമദ് ഭഗവത്ഗീതാ ഭാഷ്യത്തിൽ അക്ഷരബ്രഹ്മയോഗം എന്ന എട്ടാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഹരി തത്സ്യ